I love you. സ്മരിച്ചോണ്ട് സന്തോഷിയും പഞ്ചമാധ്യായം നോമഖണ്ഡം ഭാഷ്യമാണ് തദ്ധം എന്ന് പറയുന്ന ഭാഗത്തിന്റെ ഭാഷ്യമാണ് നമ്മൾ ചർച്ച ചെയ്തത് ആരാണോ ൂർത്ത ദസ്തേമാന ചന്ദ്രം ഗീതി കഥം അവഗമ്യത യുദ്ധം ഗൃഹസ്ഥിന്താഷ്യകാരം പറയുന്നത് ഇവിടെ എന്താണ് പഞ്ചാഗ്നി വിദ്യയെക്കുറിച്ചാണ് പറഞ്ഞത് പഞ്ചാഗ്നികൾ ആ പഞ്ചാഗ്നികളിൽ ആഹൂതി സമർപ്പിക്കുക ഇതെല്ലാം മാനസിക ഭാവനകളാണ് അതുകൊണ്ട് ഇതിന് ഉപാസന എന്ന് പറയുന്നത് ഇത് കർമ്മത്തോട് ചേർന്ന് വരുന്നതാണെങ്കിലും ഇത് ബാഹ്യമായി അനുഷ്ഠിക്കുന്ന ഒരു കർമ്മമുണ്ട് മനസ്സിൽ ഭാവന ചെയ്യണം അവരുടെ ഉപാസന എന്ന് പറയുന്നത് ഭാവന അല്ലെങ്കിൽ ധ്യാനമാണ് ഇതാരാണ് അനുഷ്ഠിക്കേണ്ടത് പറയുന്നത് ഗൃഹസ്ഥന്മാരാണ് ഈ പറയുന്ന ഉപാസന ചെയ്യേണ്ടത് അതിലൂടെ ചോദിച്ച കഥ മവകയും ഗൃഹസ്ഥയോ ഗൃഹസ്ഥാന അനിത്ഥം വിധ ഗൃഹസ്ഥന്മാരിൽ തന്നെ ഇത്തരം ഉപാസന ചെയ്യാത്തവരുണ്ട് അവരാണ് അനിത്ഥം വിധ എന്ന് കേവല ഇഷ്ടപൂർത്ത ദത്ത പരാഹ അവർ കേവല ഇഷ്ടപൂർത്ത ദത്ത കർമ്മങ്ങൾ ചെയ്യുന്നു അതിനെ കുറിച്ച് എനിക്ക് വിശദീകരിക്കും ധൂമാദിനാ ചന്ദ്രം ഗച്ഛന്തി അവർ ധൂമ മാർഗത്തിലൂടെ ചന്ദ്രലോകത്ത് പ്രാപിക്കുന്നു ഇരുപക്ഷരീപങ്ങൾ പിതൃലോകത്ത് പ്രാപിക്കുന്നു എന്നി പറയുന്നുണ്ട് അടുത്ത് ഉപലക്ഷിത വൈക്കാനസ പരിവ്രാജകുപാസത്തെ സഹിരാജനഗമ ഇവിടെ രണ്ട് ശബ്ദം പ്രയോഗിക്കുന്നു ഒന്ന് അരണ്യം മറ്റൊന്ന് ഗ്രാമം ഗ്രാമം എന്ന് പറയുന്നത് ഗ്രഹസ്ഥനുദ്ദേശം അരണ്യം എന്ന് പറയുന്നത് ആരാണ് വൈഖാനസ പരിപ്രാജക ഗ്രാമത്തെ ഉപേക്ഷിച്ച് പോകുന്നത് ഒരു വൈഖാനസന്മാരെന്ന് പറയുന്നത് വാനപ്രസ്ഥൻ പരിപ്രാജകൻ എന്ന് പറയുന്നത് സന്യാസിമാര് തന്നെ പക്ഷേ സന്യാസിമാരിൽ തന്നെ ഒരു വിഭാഗക്കാർ വ്യാഖ്യാനത്തിൽ പറയും ത്രിദണ്ഡികളും ചിലതും ഉപാസന ഈ സന്യാസിമാര് തന്നെ എല്ലാവരും തത്വജ്ഞാനത്തിലല്ല തത്വജ്ഞാനത്തിലല്ലാതെ ഉപാസകന്മാരായ പരിഭ്രാചകന്മാരുണ്ടായിരുന്നു മുമ്പ് അവരാണ് പരിഭ്രാജകളും ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ എല്ലാവർക്കും സാധ്യമല്ല പക്ഷേ വീട് ഉപേക്ഷിക്കുന്നു പരിവ്രചനം ചെയ്യുന്നു ചില ഉപാസനങ്ങൾ ചീലിച്ചുകൊണ്ട് എന്നും അങ്ങനെയാണ് കാണുന്നത് അവരാനിവിടെ പരിപ്രാജകന്മാരെന്ന് പറയുന്നു ശ്രദ്ധ തപൈസത്തെ ശ്രദ്ധ തപസ് ഉപാസിക്കുന്നു ചില ശ്രദ്ധയോടുകൂടി അവരനുഷ്ഠിക്കുന്നു ദേശാന് സഹ അവർക്ക് എന്ത് വരുന്നു ഈ പറയുന്ന ഗൃഹസ്ഥന്മാരെ പോലെ തന്നെ അർച്ചിരാദിന് ആഗമനം അർച്ചിരാദി മാർഗത്തിലൂടെയുള്ള ആഗമനം അതുപക്ഷത് പാരിശേഷ്യ ശേഷിക്കുന്നുണ്ട് അഗ്നിഹോത്രാദിസംബന്ധാ അഗ്നിഹോത്രാഹൂതി സംബന്ധാ അഗ്നിഹോത്രം ഗൃഹസ്ഥനാണ് സന്യാസിക്കല്ല പരിപ്രാചകനല്ല വാനപ്രസനല്ല അഗ്നിഹോത്ര ത്തെക്കുറിച്ചൂടെ പറയുന്നു അഗ്നിഹോത്രത്തിന്റെ ഭാവനയാണ് ഇവിടെ പഞ്ചാഗ്നി വിദ്യ എന്ന് പറയുന്നത് അതുകൊണ്ടും ഗൃഹസ്ഥേ യുദ്ധം വിധു അതുകൊണ്ട് യുദ്ധം വിധു എന്ന് പറഞ്ഞിരിക്കുന്നത് ഗൃഹസ്ഥന്മാരെയാണ് ബ്രഹ്മചാരനൊക്കെ ആഗ്രഹീത ഗ്രാമശ്രുത്യാരണ്യശ്രുത്യാ ജാനുപലക്ഷിതാ വിദ്യ കഥം പാരിശേഷ്യ സിദ്ധി പക്ഷെ ഇവിടെ ബ്രഹ്മചാരികളെ വിട്ടല്ലോ അവിടെ പറഞ്ഞില്ലല്ലോ ഇവിടെ പറയുന്നു വൈഖാനസൻ പരിപ്രാജകൻ രണ്ടുപേരും ഒഴിവാക്കിക്കഴിഞ്ഞാൽ ശേഷിക്കുന്ന ഗൃഹസ്ഥനാണ് പരിപ്രാജകനും വനപ്രസനും വേണ്ടി അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ യുദ്ധം വിധം എന്ന് പറഞ്ഞിരിക്കുന്ന ഗ്രഹസ്ഥനാണെന്ന് പറഞ്ഞു ഭാഷകാല ചോദിക്കുന്നത് അതെങ്ങനെ പറയാൻ പറ്റും ബ്രഹ്മചാരികളെ കുറിച്ചൂടെ പറഞ്ഞിട്ടുണ്ടോ ബ്രഹ്മചാരിനൊക്കെ അഗ്രഹീത ഗ്രാമശ്ത്യ അരണ്യശുത്തിയാക്കാൻ ബ്രഹ്മചാരിയെ ഗ്രാമശ്വൃത്തി സ്വീകരിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് ബ്രഹ്മചാരി ഗുരൂലത്തിൽ കഴിയുന്ന ഗ്രാമശ്രുതി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ് ഭാര്യ സഹിതനായി കഴിയുന്ന ഗ്രഹസ്ഥനെയാണ് അരണ്യശ്രുതി അവിടെ എന്താണോ ഒന്നുകിൽ അത് പരിപ്രാചകനായിരിക്കണം അല്ലെങ്കിൽ പാനപ്രസ്ഥനായിരിക്കണം ഇതിലൊന്നും പെടാത്തയാളാണ് ബ്രഹ്മചാരി ഗുരുകുലത്തിൽ കഴിയുന്നതാണ് എന്താ അനുപലക്ഷിത വിദ്യൻ്റെ അവരിവിടെ പരാമർശിച്ചിട്ടില്ലല്ലോ കഥ പരിശേഷ്യ സിദ്ധി അപ്പൊ ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്ന ഗൃഹസ്ഥനാണെന്ന് എങ്ങനെ തീരുമാനിക്കാം ബ്രഹ്മചാരി സ്വീകരിച്ചു ഇവിടെ എന്നാണ് ഭക്ഷ്യകാല വ്യാഖ്യാനത്തിൽ ഇവിടെ സംശയിക്കേണ്ടത് അങ്ങനെ ശരിയാകും നൈഷദോഷ പുരാണസ്മൃതി പ്രാമാണ്യാത് ഊർധ്വരേതാം നൈഷ്ഠിക ബ്രഹ്മചാരി ബ്രഹ്മചാരികൾ രണ്ടു കൂട്ടരുണ്ട് ഒന്ന് നൈഷ്ഠിക ബ്രഹ്മചാരി അയാള് ഒരിക്കലും ഗൃഹസ്ഥ ധർമ്മത്തെ സ്വീകരിക്കുന്നു ഹരിയാസമേതനായി ജീവിക്കുന്നില്ല അതുകൊണ്ട് അവർ പറയുന്നത് ഊർധ്വരേതസ് എന്ന് പറയുന്നു ശബ്ദമാണ് ഗൃഹധർമ്മത്തെ അവർ സ്വീകരിക്കാത്തതുകൊണ്ട് അങ്ങനെയുള്ളവരും അവരാണ് നൈഷ്ടിക ബ്രഹ്മചാരികളെന്ന് പറയുന്നത് അവർക്ക് ഉത്തരണ അരമണ പന്ധാ പ്രസിദ്ധ ഉത്തരമാർഗത്തിലൂടെ ശ്രേഷ്ഠമായ മാർഗമാണ് അതിലൂടെയുള്ള യാത്ര അത് പ്രസിദ്ധമാണ് ഒരാ മാർഗത്തിലൂടെ ബ്രഹ്മലോകത്തിലെത്തിച്ചേരുന്നു അദ്ദേഹത്തെ വി അരണ്വാസി സഹ ഗമിഷ്യന്തി അതുകൊണ്ട് അവരും എന്ത് ചെയ്യുന്നു അരണ്യവാസി പരിപ്രാജകനെ പോലെയും പാനപ്രസന പോലെയും അത് മുമ്പ് ഒരു ഭാഗത്തും പറഞ്ഞിട്ടുണ്ടോ ഇവിടെ നൈഷ്ഠിക ബ്രഹ്മചാരിപോലെ ആരാണോ ഗുരുകുലത്തിൽ തന്നെ ജീവിതം അവസാനിപ്പിക്കുന്നവര് ഗുരുകുലത്തിൽ വിദ്യ സ്വീകരിക്കുന്നതിനാണ് പോയത് പക്ഷെ ഗുരുകുലം വിടുന്നില്ല അവിടെ തന്നെ താമസിക്കുന്നു അപ്പം നൈഷ്ടിക ബ്രഹ്മചാരികൾ അവരണ്യവാസി എന്ന് പറയാൻ പറ്റത്തില്ല വാനപ്രസന്ന അരണ്യവാസിയാണ് പരിപ്രാചകനുമാകും പരിപ്രാചകനിൽ പല വിഭാഗക്കാരുണ്ട് അതിൽ അരണ്യവാസികളും പക്ഷെ നൈഷ്ഠിക ബ്രഹ്മചാരി ഭാഷകാരം പറയുന്നത് ഗുരുകുലത്തിൽ വിടുന്നില്ല മരണം വരെ ഗുരുകുലത്തിൽ കഴിയും അവർക്കും എന്താണോ ഉത്തരായണ മാർഗത്തിലൂടെയുള്ള ഗമനമാണ് ഉപകുർബണ കാസ്തു സ്വാധ്യായ ഗ്രഹണാർത്ഥ ഇല്ല വിശേഷ ഇനി വേറൊരാളുണ്ടല്ലോ ഉപകുർബ്രഹ്മചാരി അവരെ ഗുരുകുലത്തിൽ ചെയ്യുന്നതിനു വേണ്ടി ചെല്ലുന്നത് സ്വാധ്യായ ഗ്രഹണാർത്ഥ അവര് വേദാധ്യയനം കഴിഞ്ഞിട്ട് അവർ മടങ്ങിപ്പോകുന്നു ഗൃഹസ്ഥ ധർമ്മത്തെ സ്വീകരിക്കുന്നു അപ്പൊ അവരെയും ഗൃഹസ്ഥന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം അവര് നൈഷ്ഠിക ബ്രഹ്മചേരി സ്വീകരിക്കുന്നതിനുള്ള ഗുരുകുലത്തിൽ വരുന്നു ഉപഗുർവാണ് കാസ്തു സ്വാധ്യായ ഗ്രഹനാള ഒരു സ്വാധ്യായ ഗ്രഹണത്തിന് വേണ്ടിയാണ് ഇതിന് വിശേഷ നിർദ്ദേശ അതുകൊണ്ട് അവരെ വിശേഷനിർദ്ദേശിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇവിടെയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ പുരുഷന്മാരെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ സ്ത്രീകളുടെ കാര്യവും പരിഗണിക്കുന്നുള്ളൂ എല്ലാ ചർച്ചകളും പുരുഷന്മാരെ കേന്ദ്രീകരിച്ചിട്ടാണ് അപ്പോ ഇവിടെ എന്താ തെളിയിക്കുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരികൾ അവർക്ക് ഉപാസനയുടെ ആവശ്യമില്ല നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറയുന്ന ആ ധർമ്മം സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ അവർ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു ഗൃഹസ്ഥന്മാര് അവര് പഞ്ചാഭിനീത്യ പോലെയുള്ള ഉപാസനം ഉണ്ട് അല്ലെങ്കിൽ ഭാഷകാരം പറയും സഗുണം ബ്രഹ്മോപാസനം അത് സ്വീകരിക്കുന്നുണ്ട് സഗുണബ്രഹ്മോപാസനമെന്ന് പറയുമ്പോൾ നമ്മളിന്ന് പറഞ്ഞു വരുന്ന രീതിയിലല്ല സവണൻ ബ്രഹ്മോപാസന എന്ന് പറയുന്നത് നമ്മളിന്ന് ധരിക്കുന്ന എന്താണ് ബ്രഹ്മത്തെ ശിവനായിട്ടോ വിഷ്ണുവായിട്ടോ അങ്ങനെയൊക്കെ ഉപാസിച്ച സഗുണം ബ്രഹ്മോപാസന ഭാഷകാരൻ അതല്ല പറഞ്ഞു അത്തരം ഉപാസനകളൊക്കെ ഭാഷ്യകാരൻ പറയുന്നത് ദേവതോപാസന ശിവനെ വിഷ്ണുവിനെ ഉപാസിച്ച അതില ദേവതോപാസന സവണബ്രഹ്മോപാസന എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞു ശ്രമൃതിയിൽ പറയുന്ന ുമ്പ് പറഞ്ഞല്ലോ ഹിരണ്യ ശ്മശ്രു ഹിരണ്േശ ആ പ്രെല്ലാം മുമ്പ് വ്യാഖ്യാനിച്ച ഹിരണ്ണിഗർഭോപാസന അതാണ് ഇവിടുത്തെ സവുണബരം ഇവിടത്തെ അല്ല കക്ഷുകാരൻ ഇവിടെയുള്ള സമുണഭരം എന്ന് പറയുന്നു അവിടെയെല്ലാം യേശ അക്ഷിണി പുരുഷോദശ്യത ഉപകൗശല വിദ്യയിൽ നിന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ അക്ഷിയിൽ കാണുന്ന പുരുഷൻ തന്നെയാണ് ആദിത്യ മണ്ഡലത്തിലുള്ള ആ പുരുഷനെ കുറിച്ചാണ് നമുക്ക് ഒരു ഭാഗത്ത് വിശദീകരിച്ചത് കപ്പ്യാസം എന്നെല്ലാം പറഞ്ഞു ആ ഹിരണ്യ ഗർഭാസനെ ഭാഷകാരൻ സവണബ്രഹ്മോപാസന എന്ന് പറയുന്നു അല്ല നമ്മൾ ഇന്ന് പറഞ്ഞു വരുന്ന രീതിയിൽ അല്ലെങ്കിൽ പുൽക്കാലത്ത് ഓരോരുത്തർ പറയുന്ന രീതിയിൽ ഗുണങ്ങളുള്ള ഈശ്വരൻ ആ ഈശ്വരൻ ഉപായുന്നത് സവണബ്രഹ്മോപാസന പിൽക്കാലത്ത് വന്നാണ് അങ്ങനെ പറഞ്ഞത് ഭാഷ്യത്തിൽ സർവത്ര പറയുന്നത് ഒന്ന് വൈദികമായ ഉപാസനകൾ അല്ലാതെ തന്നെ പറയുന്നത് ദേവത ഉപാസനകൾ വൈദിക ഉപാസനയിലാണ് സൗണബ്രഹ്മോപാസന സകണബ്രഹ്മെന്ന് പറയുന്നത് രണ്ണിഗർഭനാണ് അതാണ് പറഞ്ഞ ആദ്യത്തെ കാണുന്ന പുരുഷൻ അത് നെണി ചക്ഷ പുരുഷൻ അങ്ങനെ ധ്യാനിക്കുക അത് രണ്ഗർഭോപാസന സകണബ ബ്രഹ്മോപാസനയുടെ ഫലവും പറയുന്ന എന്താണ് ഉത്തരായണ മതത്തിലൂടെ ഭാഷ്യത്തിന്റെ കാലം വളരെ കഴിഞ്ഞപ്പോ ഭാഷ്യത്തിന്റെ ആശയങ്ങളിൽ പിൽക്കാലത്ത് വന്ന പലരുടെയും ആശയങ്ങളും കൂടെ കൂട്ടിച്ചേർത്തു അങ്ങനെയാണ് അതിനൊക്കെ പിന്നീട് കാഴ്ചപ്പാട് മാറിയത് പിന്നീട് നിമിഷത്തിന് വ്യാഖ്യാനിച്ചവർ ദ്വൈത ആചാര്യന്മാരും രാമാനുജനും മറ്റും സവണബ്രഹ്മോപാസന എന്ന് പറഞ്ഞാൽ അനന്ത കല്യാണ ഗുണനിധിയായ വിഷ്ണുവിനെ ഉപാസിക്കുന്നതാണ് അത്ര ഒരു ഉപാസനയല്ല അദ്വൈതത്തിൽ അദ്വൈതമെന്ന് പറയുമ്പോൾ ഭക്ഷ്യകാരന്റെ അദ്വൈതം അദ്വൈതം തന്നെ പിൽക്കാലത്ത് വന്നു വന്നു ഓരോ ആചാര്യന്മാർക്കും ഓരോ അദ്വൈതമായിട്ടു പറയുന്ന ശ്രവണബ്രഹ്മോപാസന ഹിരണീകൃത അതാണ് അദ്വൈതത്തിലെ മുഖ്യമായ പിൽക്കാലത്ത് വന്ന ഭാഷകാരന്മാരെല്ലാം ഈ ഭാഷയത്തെ ആശ്രയിച്ച് തന്നെയാണ് ഭാഷ്യം എല്ലാവരും ശങ്കരാചാര്യെ വിമർശിക്കുന്നവർ പോലും ശങ്കരാചാര്യർ പറഞ്ഞ അർത്ഥങ്ങളെ പിന്തുടർന്നാണ് ഭാഷ എഴുതിയിരിക്കുന്നത് ഈ പദങ്ങളുടെ അർത്ഥങ്ങൾ ഇതെല്ലാം കൂട്ടുമിക്കാറും ഈ ഭാഷയത്തെ അവരുടെയും ഭാഷ മുഖ്യമായ കാര്യങ്ങളിൽ അവര് ശങ്കരാചാര്യോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുമെങ്കിലും ഭാഷ്യം ശങ്കര ഭാഷ്യം തന്നെ മിച്ച പദാർത്ഥവും മറ്റും ഇത് തന്നെ സ്വീകരിച്ചിരിക്കുന്നു ഇതേ ഭാഷയത്തെ ആസ്വദിച്ചിട്ട് ശങ്കരാചാര്യ അവർ ഖണ്ണിക്കുന്ന അവിടെ അവര് സവണ ബ്രഹ്മം എന്നൊക്കെ പറയുമ്പോൾ അതിന് മാറ്റമാണ് വിഷ്ണു എന്നും മറ്റു മാറ്റി വിഷ്ണു എന്നോ രാമനെന്നോ ഒക്കെ ആക്കുന്നതാണ് നമ്മളിന്ന് അങ്ങനെ ധരിച്ചിരിക്കുന്നവർ അതൊക്കെ ഈ ദുരിത വ്യാഖ്യാനങ്ങളിലൊക്കെ വിശേഷമെന്ന ആശയങ്ങളാണ് പക്ഷുകാരൻ പറയുന്നത് സഗുണബ്രഹ്മോപാസന ഹിരണികർഭോപാസന അത് പലതരത്തിൽ പറയുന്നുണ്ട് വൈദികമാണ് വൈദികമായ ഉപാസന അതുകൊണ്ട് ഉപകുർബ ബ്രഹ്മചാരി വേദാധ്യയനത്തിന് ഗുരുകുലത്തിൽ താമസിക്കുന്ന ആൾ പിന്നീട് ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിക്കുന്നു ഗൃഹസ്ഥധർമ്മത്തിൽ അവർ ഇത്തരം ഉപാസന ചെയ്തു കഴിഞ്ഞാൽ യുവാസനയാകാം അല്ലെങ്കിൽ പിന്നെ സഗുണബ്രഹ്മോപാസനയാകാം അതായത് ഹിരണ്യ ഉപാസനയാകാം ഇതിൻ്റെയെല്ലാം ഫലം ബ്രഹ്മലോക പ്രാപ്തിയാണ് ഉത്തരായണ മാർഗത്തിലുള്ളത് ഊർധ്വരേഖസ്വം ചെയ്ത ഉത്തരമാർഗ പ്രതിപത്തി കാരണം പുരാണസ്മൃതി പ്രമാണിതീഷ്യത യുദ്ധം യുദ്ധം അടുത്തവും പ്രാപ്തം പറയുന്നു അങ്ങനെ നൈഷ്ഠിക ബ്രഹ്മചാരിയും ബ്രഹ്മലോകത്തെ പ്രാപിക്കുകയാണ് ഊർജ്വരതും എന്ന് സന്ദേശിക്കുക ബ്രഹ്മ അവർ ഉത്തരമാർഗ പ്രതിപത്തി അവരും ഉത്തരമാർഗത്തെ പ്രാപിക്കുകയാണെങ്കിൽ എങ്ങനെ പുരാണസ്മൃതി പ്രാമാണ്യ പുരാണങ്ങളെ സ്മൃതികളും എല്ലാതിന് പ്രമാണമാണ് അതിന് ഉദ്ദേശിക്കുന്നത് പക്ഷുകാരുടെ മനസ്സിലിരിക്കുന്നത് ഭീഷ്മരിലേയും മറ്റും ഉദാഹരണമാണ് ഭീഷ്മലും ബ്രഹ്മലോകത്തെ പ്രാപിച്ചതെന്ന് പറയും എന്തുകൊണ്ട് ഊർധ്വരതാണ് ബ്രഹ്മചര്യം പുരാണ സ്മൃതി പ്രാമാണിശ്വര് അങ്ങനെയാണെങ്കിൽ യുദ്ധം വിത്തും അനർത്ഥകം പ്രാപ്തം അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്ന പഞ്ചാഗ്നി വിദ്യയും മറ്റും അനർത്ഥകമാവും അതിന്റെ ആവശ്യമില്ലല്ലോ നൈഷ്ഠിക ബ്രഹ്മചര്യം കൊണ്ടുവരുന്ന ഒരാൾക്ക് ബ്രഹ്മലോകത്തെ പ്രാപിക്കും ഇന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ ഉപാസനയുടെ ആവശ്യങ്ങൾ എന്നെങ്കിൽ ഗൃഹസ്ഥാൻ പ്രത്യേകി അർത്ഥവത്വ ഈ ഉപാസന പറയുന്നത് ഗൃഹസ്ഥന്മാർക്ക് വേണ്ടിയിട്ടാണ് അഗ്നിഹോത്രികൾ അവർ ഉപാസനയോടെ ചെയ്തു കഴിഞ്ഞാൽ അവർ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു നൈഷ്ഠിക ബ്രഹ്മചര്യെന്ന് പറയുന്നതാണ് വെറും ആശ്രമധർമ്മമാണ് ആശ്രമങ്ങളാണ് ബ്രഹ്മചര്യം ഗർഹസ്ഥും മാനപ്രസ്വന്യാ സ്വീകരിക്കുന്നതുകൊണ്ട് മാത്രം ബ്രഹ്മലോകത്തെ പ്രാപിക്കാം ആർക്ക് പരിപ്രാജകനും ബ്രഹ്മയായിരിക്കും അതിനു വേണ്ടിയിട്ട് അവര് പ്രത്യേകിച്ച് ഉപാസനകളോ ഒന്നും അനുഷ്ഠിക്കേണ്ട കാര്യമില്ല ധർമ്മത്തെ സ്വീകരിച്ചാൽ മതി ആ ആശ്രമധർമ്മം ആശ്രമത്തിൽ നിയമങ്ങളും ചിട്ടകളുമൊക്കെ ഉണ്ടല്ലോ അനേഷ്ഠിക്ക ബ്രഹ്മചാരി ഇന്ന രീതിയിൽ ജീവിക്കണം പരിപ്രാചകൻ ഇന്ന രീതിയിൽ ജീവിക്കണം എന്ന് പറയുന്നു അത് വിധിപ്രകാരം അതിന് പിന്തുടർന്നു കഴിഞ്ഞാൽ വേറെ ഒരു അനുഷ്ഠാനത്തിന്റെ ആവശ്യമുണ്ട് ബ്രഹ്മലോകത്തെ പ്രാപിക്കും പക്ഷെ ഗൃഹസ്ഥനതുപോലെ ഗൃഹസ്ഥൻ ബ്രഹ്മലോകത്തെ പ്രാപിക്കണമെങ്കിൽ ഗൃഹസ്ഥ ധർമ്മത്തെ മാത്രം സ്വീകരിക്കുന്നുണ്ട് പറ്റത്തില്ല ഏ ഗൃഹസ്ഥ അനിത്ഥം വിധ തീഷാം സ്വഭാവതോ ദക്ഷിണോ ധൂമാതി പന്ത പ്രസിദ്ധ കേവലം ഗൃഹസ്ഥ ധർമ്മത്തെ സ്വീകരിച്ചു ഭാര്യസമേതനായി ജീവിക്കുന്നു ഗൃഹസ്ഥധർമ്മത്തിൽ വിധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അഗ്നിഹോത്രം പോലെയുള്ള കാര്യങ്ങൾ അനിത്വം വിധ പക്ഷെ അവർക്ക് ഉപാസനയില്ല അഗ്നിഹോത്രം ചെയ്യുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാലോ ത്യാസം സ്വഭാവതോ ദക്ഷിണോ ധൂമാതിപ്പന്തോ അവർ സ്വാഭാവികമായിട്ടും ഉത്തരായണത്തിലൂടെ അല്ല ദക്ഷിണായനത്തിലൂടെ പോകുന്നു പിതൃലോകത്ത് പ്രാപിക്കുന്നു അവർ പിതൃലോകത്ത് പ്രാപിക്കുന്നു പിതൃലോകത്ത് കഴിയുന്നു അവരെ ഉദ്ദേശിച്ചിട്ടാണ് ശ്രാദ്ധം തുടങ്ങി കർമ്മങ്ങൾ ചെയ്യുന്നത് പിതൃലോകത്ത് പ്രാപിക്കുന്നവർ അങ്ങനെ അവര് ശരിയായ രീതിയിൽ ഗൃഹസ്ഥ ധർമ്മം അനുഷ്ഠിക്കുന്നു പക്ഷേ കർമ്മികളായിരുന്നു അഗ്നിഹോത്രം പോലെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചു ഉപാസനയൊന്നും ചെയ്യുന്നു വൈദികധർമ്മമനുസരിച്ച് ജീവിച്ചു ഒരു മരിച്ചു കഴിഞ്ഞാൽ പിതൃ അവരെയാണ് ഈ പിതൃക്കളെന്ന് പറയുന്നത് സാധാരണ മനുഷ്യൻ അടുത്ത് പറയും ജായസ്വ മിയസ്സം ചത്തുകഴിഞ്ഞാലും കാക്കയോ പട്ടിയോ പൂച്ചയോ ആയിട്ടൊക്കെ ജനിക്കുക അവർക്ക് വേണ്ടി പിതൃകമ്പളം ചെയ്തിട്ടെന്താ കാര്യം ഒരു കാര്യമില്ല പിതൃകർമ്മം എന്നല്ലേ പറയുന്നത് പിതൃക്കളുദ്ദേശിച്ച് ചെയ്യുന്നു അത് രണ്ടു തരത്തിലുണ്ട് പിതൃലോക നിവാസികൾ അവര് കല്പാധിമാതില് പിതൃലോകത്തിൽ തന്നെ പൂർവ്വജന്മങ്ങളുടെ ഉപാസനം കൊണ്ട് അവിടെ എത്തുന്നവർ ചിലർ അങ്ങനെയല്ല ഈ ജന്മത്തിൽ വൈദികധർമ്മ അനുസരിച്ച് ജീവിക്കുന്നവർ അവർ പിതൃലോകത്തിലെത്തിച്ചേരും അല്ലാത്തവർ പോകത്തില്ല അപ്പൊ ഇന്ന് ഇപ്പൊ പിതൃകർമ്മം ചെയ്ത ഇവരുടെയൊക്കെ പിതൃക്കൾ എവിടെയാണെന്ന് ആർക്കറിയാം ആരായിരുന്നു വൈദികധർമ്മം അനുസരിച്ച് ജീവിക്കുന്നു അങ്ങനെ അല്ലാത്തവർക്ക് അവിടെ എത്താൻ നോക്കത്തില്ല പിന്നെ എത്തുന്നവരെ കുറിച്ച് അടുത്ത് പറയും എത്തുന്നവരെ കുറിച്ച് പറയുന്നുണ്ട് ഒരാണ സ്മൃതിപ്രാമണ്യർ കുറഞ്ഞപക്ഷം സ്മാർത്ഥമായ കർമ്മങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കണം അനുഷ്ഠിച്ചാലും അവിടെ അവർ പിതൃലോകത്തിലെത്തിച്ചേരും അവരുടെ ഉദ്ദേശമാണ് മറ്റു കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് അതാണ് സന്യാസി മരിച്ചു കഴിഞ്ഞാൽ ശ്രാദ്ധം പോലെയുള്ള കർമ്മങ്ങളൊന്നും ചെയ്തില്ല ഒരു കർമ്മവും ചെയ്യുന്നില്ല എന്തുകൊണ്ട് അവർ പിതൃലോകത്തിലെത്തുന്നില്ല എത്താത്തവർക്ക് വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല ഈ സന്യാസധർമ്മത്തിൽ ജീവിക്കുന്ന ആശ്രമധർമ്മം തത്വജ്ഞാനൊന്നും ആയില്ല വേണ്ട അവര് ബ്രഹ്മലോകത്തിലാത്ത ചെയ്യുന്ന അവിടെ പിന്നെ പിതൃകർമ്മത്തിന്റെ ആവശ്യമില്ല സന്യാസർമ്മ സന്യാസത്തിൽ വന്നു പക്ഷെ ധർമ്മത്തെ സ്വീകരിക്കാൻ പറ്റിയില്ല അവര് അടുത്ത ജന്മത്തിൽ പട്ടിയ പൂച്ചയൊക്കെ ആയിട്ടായിരിക്കും ജനിക്കുന്നത് അവർക്ക് ചെയ്യേണ്ട കാര്യമില്ല ഏതരത്തിൽ നോക്കിയാലും ശരി സന്യാസിക്ക് പിതൃകർമ്മത്തിൻ്റെ ആവശ്യമില്ല മരണാനന്തരമുള്ള ഒരു കർമ്മവും സന്യാസിയെ സംബന്ധിച്ച് ആവശ്യമില്ല സന്യാസിക്ക് അത് ചെയ്യുന്നതിന് ആരും അവകാശികളുമില്ല മറ്റുള്ളവരത് ചെയ്യേണ്ട കാര്യമില്ല ഗ്രഹസ്ഥ അനിത്വം വിധ ഗൃഹസ്ഥന്മാർ അനിത്ഥം ഇങ്ങനെയുള്ള ഇതൊന്നും ചെയ്യുന്നില്ല ഉപാസനയൊന്നും ചെയ്യുന്നില്ല സ്വഭാവത്തോ ദക്ഷിണോ ധൂമാതി പന്ത പ്രസിദ്ധ അവർ സ്വാഭാവികമായിട്ടും ദക്ഷിണായന മാർഗത്തോടൊപ്പം യുദ്ധം വിധു സഗുണം അന്യബ്രഹ്മവിധു ഇനി സഗുണബ്രഹ്മത്തോ വാസിക്കുന്നു അല്ലെങ്കിൽ ഇവിടെ പറയുന്ന മറ്റുതരത്തിലുള്ള ഉപാസനങ്ങൾ അവര് എല്ലാം ചെയ്യുന്നു അവർ ഉത്തരാണ മാർഗത്തിലൂടെ പോകുന്നു അത് അസ്മിൻ ശവ്യം കുറവന്തിന് അർച്ചിഷമേ വൈദ്യലിംഗാ ഉത്തരായണത്തെ ഗച്ഛന്തി അവരെ സംബന്ധിച്ച് ഗ്രഹസ്ഥന്മാർ അവരെ സംബന്ധിച്ച് അന്ത്യേഷ്ട്താനും ചെയ്തത് എന്ന് പറയുന്നത് എന്താണോ ഗൃഹസ്ഥന്മാരെ സംബന്ധിച്ച് അന്ത്യേഷ്ടഗ്നിഹോത്രിക്ക് അവിടെ അന്ത്യേഷ്ട്രി അവർ വാസിക്കുന്ന അഗ്നിയെ കൊണ്ട് തന്നെ അവരെ ശബ് ശവത്തെ ശരീരത്തെ ദഹിപ്പിക്കുന്നു അതാണ് അന്ത്യേഷ്ടഗ്നി ദാഹം എന്ന് പറയുന്നത് ഇവിടെ പ്രചാരത്തിലായത് അത് ആ രീതിയിലാണ് പ്രത്യേകത്തിക്കുകയല്ല അഗ്നിഹോത്രി ഉപാസിക്കുന്ന അഗ്നി അതുകൊണ്ട് തന്നെ അഗ്നിഹോത്രെ ദഹിപ്പിക്കുന്നു അതുകൊണ്ടാണ് യാവജ്ജീവം മരണം വരെ അഗ്നിയെ കിടാതെ സൂക്ഷിക്കുന്നു അവസാനം എടുത്ത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അസമിനൈഷ്ഠിക ബ്രഹ്മചാരിയാണെങ്കിലോ അയാൾ അഗ്നിഹോത്രം ചെയ്യുന്നുണ്ട് അയാള് ആശ്രമം പ്ര സ്വീകരിച്ച് ആശ്രമധർമ്മത്വം മാത്രം പാലിക്കുന്നു വേണമെങ്കിൽ എന്തെങ്കിലും ഉപാസനയാകാം പക്ഷേ ബ്രഹ്മലോക പ്രാപ്തിക്ക് വേറെന്തെൻ്റെ ആവശ്യമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ശബിയം കർമ്മ എന്നുവെച്ചാൽ ശവദാഹം അതിനോട് ചേർന്ന് വരുന്ന കർമ്മങ്ങൾ അതൊന്നും ചെയ്യുന്നില്ല ചെയ്യാൻ ആളില്ലല്ലോ അല്ലെ ഇഷ്ട ബ്രഹ്മചാരിക്ക് ഇത് ചെയ്യേണ്ടത് സന്താനമാണ് പുത്രനാണ് ചെയ്യേണ്ടത് ബ്രഹ്മചാരി എന്ന് പറയുമ്പോൾ അവിടെ പുത്രനില്ല ഈ ശവകർമ്മം ചെയ്യുന്നതിനാണല്ല അതുകൊണ്ട് അത് ചെയ്യുന്നില്ല വേണ്ട ചെയ്യേണ്ട ആവശ്യമില്ല എന്താണോ അത് ഇത് ചെയ്യുവാസ്മിൻ സർവീം കുറവന്തി എന്നാ ചെയ്യാതിരുന്നാലും ചെയ്യാതിരുന്നാലും ബ്രഹ്മചാരി അല്ലെങ്കിൽ പരിപ്രാജികൾ ബാലപ്രസ്ഥൻ പുത്ര അതിങ്ങളെ ഉപേക്ഷിച്ചു പോകും വനത്തിൽ താമസിക്കുന്നു മരിക്കുന്നു അവിടെ ആരാ ത്രികർമ്മം ചെയ്യ പരിപുരാജനത്തിന് പോകും എന്നെ ഉപയോഗിച്ച് പരിപ്രാജനം പോയി അവിടെ ഈ ശവ്യകർമ്മം ചെയ്യുന്നതിന് അഗ്നിയില്ല അഗ്നി ഉപേക്ഷിച്ചു എവിടെയെങ്കിലും മരിച്ചു വീഴുന്നു അവിടെ ആരാ ചെയ്യുന്നു അപ്പോൾ വാനപ്രസ്ഥൻ ഒരു പ്രാചകൻ നൈഷ്ഠികപരമൂന്നുപേരെ സംബന്ധിച്ചും ഈ ശവകർമ്മം ചെയ്യുന്നതിനുള്ള അവസരങ്ങളില്ല ആരെങ്കിലും ഇവിടെ എങ്ങനെയെങ്കിലും ദഹിപ്പിച്ചപ്പോർ തനുപാസിച്ച് അഗ്നി കൊണ്ടെങ്കിലും ദഹിപ്പിക്കണം എന്നാലും അത് ശവി കർമ്മമാവും അപ്പം അതൊന്നും സംഭവിക്കാത്തോണ്ട് അവർക്ക് വേണ്ട ഇത് ആ കർമ്മത്തിന്റെ ആവശ്യമില്ല അവരുടെ ആശ്രമധർമ്മം കൊണ്ടോ അല്ലെങ്കിൽ ഉപാസനം കൊണ്ടോ രണ്ടിലേതെങ്കിലും ഒന്നുമുണ്ട് ഉത്തരേണ തൈകസിന് അവർ ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നു ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നുണ്ട് ഊർധ്വരേതസാം ഗൃഹസ്ഥാന സമാന ആശ്രമത്തെ ഊർജ്വരേതസാം ഏവ ഉത്തരേണ പഥാഗമനം നഗസ്ഥാനാം ഇതി നുക്തം അഗ്നിഹോത്രാദി വൈദിക കർമ്മബാഹുല്യേറ്റ സതി ഇവിടെ ഒരു ചോദ്യമാണ് ധർമ്മം എന്തായാലും മാറ്റമുണ്ട് ഏത് ആശ്രമത്തിലായാലും ധർമ്മത്തിന് വ്യത്യാസമുണ്ട് ഗൃഹസ്ഥൻ ധർമ്മം അനുഷ്ഠിക്കുന്നു നൈഷ്ഠിക ബ്രഹ്മചാരിയും അയാളുടെ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നു അപ്പോൾ അതിലൊരാൾ ബ്രഹ്മലോകത്തിൽ പ്രാപിക്കുന്നു ഗൃഹസ്ഥനത് പ്രാപിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ധർമ്മത്തിന് വിലയില്ലേ എന്നാ ചോദിക്കും ഗ്രഹസ്ഥ ധർമ്മത്തിനെന്താ ഗ്രഹസ്ഥനും സ്മൃതിയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ധർമ്മങ്ങൾ അനുസരിച്ചാൽ ജീവിക്കുന്നത് മയാക്ക് ഫലമില്ലെന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരിയും ധർമ്മത്തെ അനുസരിക്കുന്നു തന്നെയുള്ളൂ വേറെ ഒന്നും ആണ് ചെയ്യുന്നില്ല അനുഷ്ഠിക്കാരി അല്ലെങ്കിൽ പരിഭ്രാജനം അവരുടെ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നു അതാണ് ഊർജ്ജ രഹിസ്ഥാൻ ഗ്രഹസ്ഥാനത്തെ പരുഭുരാജകനും ഊർധ്വ്വ രജസും തമ്മിന് വ്യത്യാസമുണ്ട് പരുഭുരാജകനെ ഊർധ്വരജസ് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം പരുരാജകൻ ഗൃഹസ്ഥ ധർമ്മം സ്വീകരിച്ചതിന് ശേഷം പാനപ്രസ്ഥം അല്ലെങ്കിൽ പരുഭരാജൻ അങ്ങനെ പോയവരായിരിക്കും അവർ ഊർധ്വരസസ്സുകളെന്ന് വെച്ചാൽ നൈഷ്ഠിക്ക ബ്രഹ്മയായിരിക്കും അതുകൊണ്ടാണ് പരുഭുരാജവിനെ പ്രത്യേകം പറയുന്നത് നൈഷ്ടീവ് ബ്രഹ്മചാരി എങ്ങനെയല്ല അയാൾ ഗൃഹസ്ഥ ധർമ്മത്തെ സ്വീകരിച്ചിട്ടേ ഇല്ല അതുകൊണ്ടാണ് അയാളുടെ ഊർദ്ധരേതസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഊർദ്ധരേതനും ഗൃഹസ്ഥാനം ഇതെല്ലാം ആശ്രമങ്ങളാണ് വിഹിതമായ ആശ്രമങ്ങളാണ് സ്മൃതികളിലും പുരാണങ്ങളിലും എല്ലാം ഇവരുടെ ധർമ്മത്തെക്കുറിച്ച് വിശദമായി നിർദ്ദേശിക്കുന്നുണ്ട് അവരതെല്ലാം പാലിക്കുന്നുണ്ട് ഇതെല്ലാം ആശ്രമങ്ങളായിരിക്കേ ഊർധരീത സമയം ഉത്തരേണ നൈഷ്ഠിക ബ്രഹ്മചാരിക്ക് മാത്രമാണ് ബ്രഹ്മലോകം നഗസ്ഥാന ഗൃഹസ്ഥന്മാർക്ക് അതില്ല എന്ന് പറയുന്നത് ശരിയല്ലോ നയുക്തം എന്തുകൊണ്ട് അഗ്നിഹോത്രാദി വൈദിക കർമ്മ ബാഹുല്യസതി ഗൃഹസ്ഥനാണെങ്കിലോ ധർമ്മാനുഷ്ഠാനം കൂടുതലാണ് നൈഷ്ഠിക ബ്രഹ്മചാരിക്ക് ഒരൊറ്റ അനുഷ്ഠാനമേ ഉള്ളൂ ബ്രഹ്മചര്യത്തെ പാലിക്കുക ഗൃഹധർമ്മത്തെ സ്വീകരിക്കാതിരിക്കുക ഇത്രയേ ഉള്ളൂ അയാൾക്ക് ഗൃഹസ്ഥനതാണോ അഗ്രഹോത്രാദി വൈദിക കർമ്മബാഹുല്യം വൈദികവും സ്മാർത്തവുമായിട്ടുള്ള കർമ്മങ്ങൾ ഒരുപാട് അയാൾക്ക് അനുഷ്ഠിക്കാനുണ്ട് ധാരാളമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കും കർമ്മം എന്താണ് ധർമ്മമാണ് ധർമ്മഭൂയസ്ഥർമ്മബാഹുല്യം ഗ്രഹസ്ഥനുണ്ട് അങ്ങനെ കൂടുതൽ ധർമ്മം അനുഷ്ഠിക്കുന്ന ഗൃഹസ്ഥന് ബ്രഹ്മലോകമില്ല ഒരു ധർമ്മവും കേവലം ഒരേ ഒരു ധർമ്മം മാത്രം ആശ്രമ ധർമ്മം മാത്രം അനുഷ്ഠിക്കുന്ന ബ്രഹ്മചാരി ബ്രഹ്മലോകത്തെ പ്രാപിക്കാമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും നൈശദോഷ ഇവിടെയാണ് കൃത്യമായി രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസത്തെ കാണിക്കുന്നത് എന്താണ് അപൂതാഹിത വൈഷ്ഠിക ബ്രഹ്മചാരിയെ സംബന്ധിച്ചിടത്തോളം അപൂതമാണോ ഗൃഹസ്ഥരെ സംബന്ധിച്ചിടത്തോളം അപൂത്തമാണോ പൂത്താ പരിശുദ്ധം പവിത്രം പരമപരിശുദ്ധമാണ് ബ്രഹ്മചാരി ഗ്രഹസ്ഥൻ അങ്ങനെയല്ല ഇത് വാർഷികകാലം ആവർത്തിച്ച് അവിടിച്ചു പറഞ്ഞു സ്ത്രീശൂദന്മാരുടെ ഒക്കെ കാര്യം പറയുമ്പോൾ തന്നെ ഗൃഹസ്ഥന്റെ കാര്യം പറയുമ്പോഴും പറഞ്ഞു ആ പൂത്തന്മാരാണ് അവര് സാധ്യമല്ല എന്തുകൊണ്ട് ശത്രുമിത്ര സംയോഗ നിദ്രോഹി തേശാം ഒരാഗദ്വേഷോ അവർക്ക് ശത്രു ഇത്ര സംയോഗമുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് രാഗദ്വേഷങ്ങളുണ്ട് ലോകത്ത് ജീവിക്കുക അപ്പോൾ അവർക്ക് ധനം സമ്പാദിക്കണം ധർമ്മങ്ങൾ അനുഷ്ഠിക്കണം ഇതൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ അവർക്ക് രാഗദ്വേഷങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും ണെങ്കിൽ അത് ബ്രഹ്മചാരിക്ക് ഉണ്ടാവത്തില്ല ഇന്നത്തെ ബ്രഹ്മചാരിയുടെ കാര്യമുണ്ട് പറയുന്നത് പഴയ ബ്രഹ്മചാരിയുടെ കാര്യം ഇന്നത്തെ ബ്രഹ്മചാരികൾക്ക് രാഗദ്വേഷങ്ങളുണ്ടാവും ആ ശങ്കരാചാരി കുറ്റമുണ്ട് ഇന്നത്തെ കാലത്തിന്റെ പ്രതികൾ ചുറ്റുപാടുകൾ അതങ്ങനെ ആയിരുന്നില്ല അന്ന് നൈഷ്ട്രീയ ബ്രഹ്മചാരിയുടെ കാര്യം പറയുകയാണ് ഗുരുകുലത്തിൽ എന്ത് ചെയ്യുന്നു അവരായുസനെ ക്ഷയിപ്പിക്കുന്നു ഗുരുകുലത്തിൽ മറ്റൊന്നിനും വേണ്ടിയിട്ടില്ല അവർക്കൊരനുഷ്ഠാനമേ ഉള്ളൂ എന്താണോ ആ ആ കാലത്തെ കാര്യം പറയാണ് പഴയകാലത്ത് അവിടെ അവർക്ക് വേറൊന്നും പ്രോജക്ടുകളൊന്നും ഇല്ല അവർക്ക് ചെയ്യുക അതുകൊണ്ട് രാഗദ്വേഷങ്ങൾക്കൊന്നും അവസരമില്ല ബ്രഹ്മചാരികൾക്ക് അത് മനസ്സിലാകത്തില്ല ഞാൻ പറയുന്ന ഒരു കാര്യവും മനസ്സിലാകത്തില്ല അത് മാത്ര രണ്ട് രണ്ട് കാര്യങ്ങളാണ് അതുകൊണ്ട് ഇത് ഗൃഹസ്ഥന് വേണ്ടി മാത്രം പറയുകയാണ് ശത്രുമിത്ര സംയോഗ നിമിത്തവും ബ്രഹ്മചാരിക്ക് സന്യാസിക്കും എല്ലാ സമമാണ് ശത്രുമിത്ര സംയോഗമുണ്ടാവും അതുകൊണ്ട് രാഗദ്വേഷങ്ങളും ഉണ്ടാവും അതുകൊണ്ടാണ് പറഞ്ഞ അക്കൂത്താ അവർ പരിശുദ്ധരല്ല ഇന്നത്തെ ലോകത്ത് ആർക്കും പരിശുദ്ധി എന്ന് പറയുന്ന എളുപ്പമല്ല തഥാ ധർമാധർമ്മവും ഹിംസ അനുഗ്രഹ നിമിത്തവും ധർമാധർമ്മങ്ങൾ ഹിംസ കൊണ്ടുവരുന്ന അധർമ്മം അനുഗ്രഹം കൊണ്ടുവരുന്ന ധർമ്മം ഇതും ഉണ്ടാവും ഗൃഹസ്ഥന്മാർക്ക് ഹിംസ എന്ന് പറയുന്നത് എന്താണ് അവർ യാഗം തന്നെ ചെയ്യുന്നത് അതിൽ ഹിംസ വരുന്നു വാഗ് മനക്കായങ്ങൾ കൊണ്ടുള്ള പ്രവൃത്തികൾ ധർമാർത്ഥകാമങ്ങളെ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളിൽ ഹിംസയുണ്ടാവും ഹിംസ മാത്രമല്ല അനുഗ്രഹവും ഉണ്ടാവും അവർ ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരമാണ് എന്നൊക്കെ ബ്രഹ്മചാരിക്ക് സന്യാസിക്കും ഒക്കെ ഇത് അവസ്ഥ അവരിലെന്താണ് ഹിംസയും അനുഗ്രഹവും ഉണ്ട് ലോകത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് അനുഗ്രഹമാണ് അതുകൊണ്ട് പുണ്യം ഉണ്ടാവും അത് ചെയ്യുമ്പോ തന്നെ ഹിംസ ഒഴിവാക്കാനും പറ്റത്തില്ല കുറെ ഹിംസകളും വന്നുചേരും അതുകൊണ്ട് പാപവും മറ്റു ഇത് കൂടി ചേരും ഇത് ഗ്രഹസ്ഥനും മാത്രമായിരുന്നു ഒരു കാലത്ത് ബ്രഹ്മചാരിക്കാതെ ഉണ്ടായിരുന്നില്ല അത് വേറൊരു കാലം കാരണം എന്തെങ്കിലും കർത്തവ്യങ്ങൾ വരുമ്പോൾ ഇതെല്ലാം ഉണ്ടാവും അന്ന് കർത്തവ്യമൊന്നുമില്ല കേവലം ആശ്രമധർമ്മത്തെ പാലിക്കു മാത്രമേ ഉള്ളൂ വേറെ ഒരു പരിപാടിയുണ്ടു ഇന്നങ്ങനെയല്ല കാലം മാറി കർത്തവ്യങ്ങൾ ഒരുപാട് വരും അങ്ങനെ വരുമ്പോൾ ഹിംസാനുഗ്രഹം രണ്ടും ഉണ്ടാവും അതുകൊണ്ട് പുണ്യഭാപങ്ങളുണ്ടാവും അങ്ങനെ ഉണ്ടാകുമ്പോൾ പരിശുദ്ധി നഷ്ടപ്പെടുന്നു അപ്പോ താഹിക്കുന്ന സന്യാസിമാരും ബ്രഹ്മചാരിമാരും ഒന്നും പരിശുദ്ധരല്ല ആർക്കും പ്രയാസം തോന്നരുത് ഉള്ള കാര്യം പരമാർത്ഥമാണ് വ്യവഹാരത്തിൽ പരിശുദ്ധി നേടാൻ പറ്റത്തില്ല വ്യവഹാരത്തിൽ നിൽക്കുന്നു ഇത് രണ്ടും ഉണ്ടാവും അന്നും വ്യവഹാരമില്ല വ്യവഹാരമില്ലാത്തവരെ കുറിച്ചാണ് പറയുന്നു അവിടെ ഹിംസ അനിർദ മായ അബ്രഹ്മചര്യ അതിജ ബഹു അശുദ്ധി കാരണം അപരിഹാര്യം പേഷാം ഗൃഹസ്ഥനെ കുറിച്ച് ഹിംസ വരും വരാതിരിക്കാൻ പറ്റും അനർദം അതും വരും കള്ളം പറയാതിരിക്കാൻ പറ്റുമോ ഗൃഹസ്ഥന് പറ്റത്തില്ല കാരണം എന്തെങ്കിലും കർമ്മങ്ങൾ ഇതൊക്കെ വരുമ്പോൾ അവിടെ കള്ളം പറയേണ്ടി വരും ധർമ്മങ്ങൾ വരുമ്പോൾ ധർമ്മത്തിൽ തന്നെ കള്ളം പറയേണ്ടി വരും ആ ഗൃഹസ്ഥനെക്കുറിച്ച് പറയുന്നവർക്ക് ഹിംസയുണ്ട് അനർത്ഥമുണ്ട് ഇന്ന് സന്യാസിക്കും വരുമയ്യാരിക്കുമൊക്കെ ഇതുണ്ട് അനർഥമുണ്ട് അസത്യം പറയാത്ത ആരാ വ്യവഹാരത്തിന് വരുമ്പോൾ അസത്യം പറയേണ്ടി വരും സമാധാനമുണ്ട് കൃഷ്ണനും പണ്ട് വള്ളം പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊരു സമാനപ്പെടുന്നുള്ളാലും അത് ഒഴിവാക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിന്റെ ദോഷം വരും മായ വഞ്ചന അതും വരും ഗൃഹസ്ഥനത് ഒഴിവാക്കാൻ പറ്റത്തില്ല തന്നെ വഞ്ചിക്കേണ്ടി വരും ഭാര്യ മക്കളെയൊക്കെ വഞ്ചിക്കേണ്ടി വരും ലോകരെ വഞ്ചിക്കേണ്ടി വരും അത് വരും ഇന്നത്തെ സന്യാസിമാർക്കും ബ്രഹ്മചാരിക്ക് ഇത് ചെയ്യേണ്ടി വരും വ്യവഹാരങ്ങളിൽ വരുമ്പോഴത്തേക്ക് പല കാര്യങ്ങളിലും മായ പ്രയോഗിക്കേണ്ടി വരും ഗൃഹസ്ഥനങ്ങനെ ബ്രഹ്മചര്യം സാധ്യമല്ല മനസ്സ് വാക്ക് ശരീരം കൊണ്ട് പൂർണമായ ബ്രഹ്മചര്യം ഗൃഹസ്ഥന് സാധ്യമല്ല അബ്രഹ്മചര്യം ഇതാണ് ഇത് ബഹുവശുദ്ധി കാരണം ഇത്രയല്ല ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ബഹുവശുദ്ധി കാരണം അപരിഹാര്യം ഒന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല മനഃപൂർവ്വം ചെയ്യുന്നതന്നെ ഇതല്ല ഗ്രഹസ്ഥൻ മനഃപൂർവ്വം മായാവിയും കള്ളനും എന്ന് പറയുകയല്ലെങ്കിലോ ആ പരിഹാരിയും ഒഴിവാക്കാൻ പറ്റത്തില്ല സാഹചര്യങ്ങളതാണ് അയാളുടെ ജീവിതധർമ്മം അതാണ് ഭാര്യ മക്കളെയൊക്കെ സംരക്ഷിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള അശുദ്ധിയുള്ള ധർമ്മങ്ങൾ ചെയ്യേണ്ടി വരും അല്ലാതെ ധാരാ ഇത് ഇത്രയും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പണ്ട് സന്യാസം കൊണ്ട് സ്വീകരിക്കുന്നത് കൊണ്ടാണ് പരിപ്രജന മാനപ്രസ്ഥം കാരണം ആ ഗ്രഹസ്ഥ ധർമ്മത്തിൽ ഇരുന്നുകൊണ്ടത് പാലിക്കുക അസാധ്യമാണ് അതുകൊണ്ടാ ധർമ്മത്തെ തന്നെ ഉപേക്ഷിക്കുക വ്യവഹാരത്തെ തന്നെ ഉപേക്ഷിക്കുക അശുദ്ധിക്ക് കാരണമായിരിക്കുന്നു ഇപ്പോൾ വ്യവഹാരത്തിൽ നിൽക്കുക അതായുനാണെന്ന് പറയുക ആർക്കും സാധ്യമല്ല ഗർഭയായിരിക്കോ സന്യാസിക്കോ ഒന്നും സാധ്യമാണ് അശുദ്ധി വന്നു ആ പരിഹാര്യം ഒഴിവാക്കാൻ വയ്യാത്തുകൊണ്ട് സംഭവിക്കുന്നതാണ് ദേഷ അങ്ങനെ അശുദ്ധരായിരിക്കുന്നവര് ഗൃഹസ്ഥ ധർമ്മത്തിലിരുന്നുകൊണ്ട് അശുദ്ധരായിരിക്കുന്നവർക്ക് എങ്ങനെയാണ് ഇവർക്ക് ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നതും അപ്പൊ ചോദിക്കുക അങ്ങനെയാണെങ്കിൽ പിന്നെ രക്ഷയില്ലേ ബ്രഹ്മചാരിയും ഗൃഹസ്ഥനും കന്യാസിയും ആരും രക്ഷപ്പെടുന്നില്ലെന്നാണോ അതിനാണ് നേരത്തെ പറഞ്ഞെന്താണോ ആരാണോ ഗ്രഹസ്ഥന്മാര് ഉപാസകരായി നേരത്തെ പറഞ്ഞു സമുണബ്രഹ്മ ഉപാസനയോ അല്ലെങ്കിൽ ഭജാങ്കിരി വിദ്യ പോലുള്ള ഉപാസന ചെയ്യുന്നവര് അവർ ഉപാസനയുടെ ഫലമായിട്ട് ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു ഇത് തന്നെയാണ് നമ്മള് ീതയിൽ ചർച്ച ചെയ്തു കേവലമായ കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അത് അതിന് ദോഷങ്ങളെല്ലാം വരും കർമ്മം ചെയ്യുന്നു ധർമാധർമ്മങ്ങൾ ഹിംസാനുഗ്രഹ നിമിത്തമായിട്ടുള്ള ഒരു രാഗദ്വേഷങ്ങളും ഒരു അശുദ്ധി കാരണമാണ് കർമ്മം അവിടെ പറഞ്ഞൊന്നാണ് അത് കർമ്മയോഗമായി ചെയ്താൽ പാപം സിന്റെ പാപം പ്രാപിക്കുന്നില്ല ഇവിടെ കർമ്മമൊന്നും കർമ്മയോഗമൊന്നും പറഞ്ഞു ഇവിടെ കർമ്മമെന്നും ഉപാസനം പറയുന്നു ഈ കർമ്മവും ഉപാസനയും ഇവിടുത്തെ കർമ്മ ഉപാസനയാണ് ഗീതയില് വന്നപ്പോ അത് കർമ്മവും കർമ്മയോഗവുമായി മാറിയത് ചെറിയ കാലം കൊണ്ടുവന്ന വ്യത്യാസം അതാണ് ഭഗവാൻ പറഞ്ഞത് ഏവം പരമ്പരാപ്രാപ്തം രാജർഷയോ വിധവും പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ രണ്ടു ഒരേപോലെയാണെന്ന് പറയാൻ വയ്യ ഒന്ന് പറയുന്നത് വൈദികം മറ്റൊന്ന് പറയുന്നത് സ്മാർത്ഥം നമ്മള് കർമ്മം ചെയ്യുന്നവരൊന്നും കർമ്മയോഗികളല്ല എന്നു ഞാൻ പറഞ്ഞപ്പോ എന്നെ ചാടി കടിക്കാമെന്ന ആൾക്കാർ അതങ്ങനെ ശരിയാകും എങ്ങനെ കർമ്മയോഗിയാകാതിരിക്കാൻ പറ്റൂ അത് ഇതാണ് കാരണം ഇവിടെ പറയുന്നതാണ് കാരണം എന്താണോ ഗൃഹസ്ഥൻ തന്നെ ഉപാസനയോടുകൂടി ചേർന്നു കഴിഞ്ഞാൽ അവന് ബ്രഹ്മലോകപ്രാപ്തി അതേ ഗൃഹസ്ഥൻ തന്നെയാണ് കേവല കർമ്മങ്ങൾ ചെയ്യുന്നത് അവന് പിതൃലോകപ്രാപ്തി പക്ഷെ അതൊരു ധർമ്മമാണ് അവിടെ ചോദിക്കും ഇങ്ങനെയുള്ള ഒരുപാട് അശുദ്ധികളൊക്കെ ഉള്ള ഒരാളിനെ പിതൃലോകത്ത് പ്രാപിക്കും കാരണം അത് അപരിഹാര്യം ഗൃഹസ്ഥൻ മനപൂർവ്വതൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നില്ല ഒഴിവാക്കമിയാത്തുകൊണ്ട് അത് വരുന്നു അപ്പം ഇന്ന് ബ്രഹ്മചാരി സന്യാസി ഒക്കെ മനഃപൂർവ്വം അശുദ്ധിയെ ഉണ്ടാക്കുന്നു എന്നല്ല പറയുന്നത് അപരിഹാര്യമായി തീർന്നു അതല്ല അപ്പോൾ അത് വരുന്നു അതിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് മറ്റു വാസനകളും മറ്റു കാര്യങ്ങളും ഒക്കെ പറയുന്നത് അപരിഹാര്യമായ കാര്യങ്ങളൊക്കെ അതോ അപ്പൂത്താഹ അതുകൊണ്ട് ഗൃഹസ്ഥൻ പരിശുദ്ധനല്ല അപ്പോൾ ഇതിനുള്ള കുറുക്ക് വഴിയാണ് പണ്ട് പറഞ്ഞ് ആ ധർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നില്ല വ്യവഹാരത്തിലേക്ക് വരുന്നില്ല ധർമാർത്ഥകാമങ്ങൾക്ക് ഒന്നും ചെയ്യുന്നില്ല അതിനു വേണ്ടിയിട്ടൊരാശ്രമത്തെ വച്ച് സ്മൃതി ഈ ആശ്രമധർമ്മത്തെ മാത്രം പരങ്ക അപ്പോൾ ഗുരുകുലത്തിൽ താമസിച്ച് തന്നെ എന്താണ് ആയുസിനെ ക്ഷേപിപ്പിക്കുന്നത് ഒരു ധർമ്മം മാത്രം സ്ഥിര അപ്പൊ ദോഷങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല അന്നത്തെ ഗുരുകുലത്തിൻ്റെ കാര്യം പറയണം ഇന്നത്തെ ഗുരുകുലത്തിൽ പാരയുണ്ട് അവിടെ ദോഷങ്ങളൊരു അന്ന് അതല്ല അന്തരീക്ഷം വേറെയാണ് അപൂത്താഹ അഭൂതമാണ് ഗൃഹസ്ഥൻ പരിശുദ്ധനണ്ട അപൂതത്വ എന്ന ഉത്തരേണ പഥാഗമനം അതുകൊണ്ടുതന്നെ അവർ പരിശുദ്ധിയില്ല അതുകൊണ്ടവർക്ക് ഉത്തരേണ പഥാഗമനം ഉത്തരമാർഗ്ഗത്തിലൂടെയുള്ള ഗതിയില്ല അപ്പോൾ അഭൂതന്മാരാണെങ്കിലും പിന്നെ എന്തുകൊണ്ട് പോകാൻ കഴിയുന്നു ഈ ഉപാസനയുടെ ബലമുണ്ട് ഹിംസ അനർഥ മായ അബ്രഹ്മചര്യാദി പരിഹാരാച്ഛ ശുദ്ധാത്മാനോ ഹി ഇതരെ ശത്രുമിത്രരാഗദ്വേഷാദി പരിഹാരാച്ഛ വിരജസാം യുക്ത ഉത്തരപന്ധ ഒരു പാസനയും ചെയ്യാതെ ഒരു കർമ്മങ്ങളും ചെയ്യാതെ അതൊക്കെ അതെല്ലാം അവർ പരിഹരിക്കുന്നു ഒഴിവാക്കുന്നു ഇങ്ങനെ ഈ ഒരു ധർമ്മത്തെ സ്വീകരിച്ചുകൊണ്ട് ഐഷ്ഠിക ബ്രഹ്മചര്യ അല്ലെങ്കിൽ പരിപൂർവജനം അവിടെ ആരോടും ഒരു ബന്ധവുമില്ല പ്രത്യേകിച്ച് ഒരു കർത്തവ്യവുമല്ല ധർമാർത്ഥകാമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയും ഇല്ല സഹനം സർവ്വദുഖാണ് അങ്ങനെ ജീവിക്കുന്നവർ അങ്ങനെ ജീവിക്കുന്നവരല്ല അങ്ങനെ ജീവിച്ചിരുന്നവരെന്ന് പറയും അങ്ങനെ ജീവിക്കുന്നവരെന്ന് പറഞ്ഞ ഇന്നും അങ്ങനെ ആരെങ്കിലും ജീവിക്കുന്നു നമ്മൾ ധരിച്ചു ശുദ്ധാത്മാന അവർ സിദ്ധാത്മാക്കളാണ് ഈതരേ അതാണ് നേരത്തെ പറഞ്ഞ നൈഷ്ഠിക ബ്രഹ്മചാരികൾ പരിപ്രാജന്മാർ ശത്രുമിത്ര രാഗദ്വേഷാദി പരിഹാര ശത്രുഗദ്വേഷാദികൾ അവർ ഒഴിവാക്കുന്നു എങ്ങനെ ഒഴിവാക്കുന്നു ആ അവരുടെ ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നു നൈഷ്ഠിക ബ്രഹ്മചാരിത്തെ സ്വീകരിച്ചിരിക്കുന്നു വിരജസഹ അവർ പാപങ്ങളില്ല ദോഷങ്ങളില്ല തേഷാം യുക്ത ഉത്തര അവർക്ക് ഉത്തരായണ മാർഗത്തിലൂടെയുള്ള ഗമനമുണ്ട് അവർക്ക് വേറെ ഒന്നും ചെയ്യണ്ട വേറെ ഒരു വാസനയുടെ ആവശ്യമില്ല മാത്രം പാലിച്ചാൽ മതി കഥാപൗരാണികാ പുരാണത്തിനും ഏതോ പുരാണത്തിൽ ഏതാണെന്നറിയില്ല ഭാഷകരണ പുരാണത്തോടെ ഉദ്ധരിക്കും യേ പ്രജാം ഈശ്വരേധീരാ ഗ്രഹസ്ഥ ധർമ്മത്തെ സ്വീകരിക്കുന്നത് ധീരന്മാരല്ല സ്വന്തം ആഗ്രഹത്തെ തിരിക്കുന്നതിനുള്ള ധൈര്യം അവർക്കില്ലെന്ന ആഗ്രഹം ഉണ്ടാകാത്തതു കൊണ്ടല്ല ആഗ്രഹത്തെ അവർ ഉപേക്ഷിക്കും അതാണ് ധീരന്മാർ അവർ ഗൃഹസ്ഥ ധർമ്മത്തെ സ്വീകരിക്കുന്നില്ല മറിച്ചാണെങ്കിലോ അധീരാഹീരത ഇല്ലാത്തവർ എന്ന് പറയുന്നത് അതാണ് അപ്രജാകാമം അതിന് ഉപേക്ഷിക്കുന്നതിന്റെ ആ ധീരതാനി ഭേജരേ അവർ ശ്മശാനത്തെ പ്രാപിക്കുന്നു ശ്മശാനത്തെ പ്രാപിക്കുന്ന വെച്ചാൽ അവർ സ്വാഭാവികമായിട്ടും മരിക്കുന്നു ആ മരിച്ചിട്ട് അവർക്ക് ഊർധ്വഗ ഗതി ഉണ്ടാവുന്നില്ല പ്രാപിക്കുന്നില്ല അവർ അധീരന്മാരായി മരിക്കുന്നു കാമത്തിന് അടിമപ്പെട്ട് ഗൃഹസ്ഥർമ്മീകരിച്ചവരും മരിക്കുന്നു കാമാധീനമായി പോകുന്നു അവരുടെ മനസ്സ് ഏ പ്രജാംനേശിലെ ആരാണോ പ്രജയെ ആഗ്രഹിക്കാത്തത് കാമത്തിന് തിരിക്കുന്നത് അതിന് അടിമപ്പെടാത്തത് ധീരാഹ അവര് ധീരന്മാരാണ് ധീരന്മാർക്ക് വിവേകികളെന്ന് ഉറച്ചുണ്ട് അവര് വിവേകികളാണോ അമൃതത്വം ഹി ഭേജിലേ അവർ അതുകൊണ്ട് തന്നെ അമൃതത്വത്തെ പ്രാപിക്കുന്നു മോക്ഷത്തെ ഇവിടെ പറയുന്നത് ആപേക്ഷികമായ അബദ്ധത്വണമെന്നടത്ത് പറയും സദ്യോമുക്തി അല്ല മരണശേഷം അവർക്ക് അന്ത്യകർമ്മം ചെയ്താലും ചെയ്തിട്ടുണ്ടെങ്കിലും ആ ജീവൻ ഊർദ്ധ ലോകത്തെ പ്രാപിക്കുന്നു പ്രാപിക്കുന്നു എന്ന് പുരാ പുരാണത്തിനും പറയുന്നുണ്ട് യുദ്ധം വിധം ഗൃഹസ്ഥാനം അരണ്യവാസനാഞ്ച നമ്മളത് ഫലിച്ച സതി അരണ്യവാസിനും വിദ്യാനും പ്രാപ്തം യുദ്ധം ഇതാം ഗ്രഹസ്ഥാനോ ഇങ്ങനെയുള്ള ഗ്രഹസ്ഥന്മാർ അരണ്യവാസന ഉദ്ദേശിക്കുന്നത് അരണ്യവാസികളെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞാൽ പരിപ്രാജീവനും മാനപ്രസനം സമാന മാർഗത്തേ അവരെല്ലാം ഒരു വഴിയിലാണ് പോകുന്നത് അമൃതത്വം ഫലയിച്ച ഫലവും ഒന്നു തന്നെ അമൃതത്വം ബ്രഹ്മലോകപ്രാപ്തിയാണ് അമൃതത്വം സത്യ അരണ്യവാസന വിദ്യ ആനർത്ഥക്കും പ്രാപ്തി അങ്ങനെ വന്നു അരണ്യവാസികൾക്ക് വിദ്യയുടെ ആവശ്യമില്ലെന്ന് ഉപാസന വിദ്യ എന്ന് വെച്ചാൽ ഒരു വർഷം പറയുന്നു ഗ്രഹസ്ഥന് വിദ്യ കൂടിയേ തീരും ഉപാസന ബ്രഹ്മയായിരിക്കും അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഥാശ്രുതി വിരോധ അങ്ങനെ ഒന്നാ എന്താ കുഴപ്പം ശ്രുതിക്ക് വിരോധം വരും ദക്ഷിണായാന്തി ന അവിദ്ധ തപസ് പറയുന്നു ഉപാസന ഇല്ലാത്ത തപസ്സികള് അവര് ഉത്തരായണ മാർഗത്തെ പ്രാപിക്കുന്നില്ല അവർ ദക്ഷിണായ മാർഗത്തിലൂടെ പോർന്നു പറയുന്നു അവിടെ പ്രത്യേകം പറയുന്നു അവിദ്വാംസക തപസ്സിനെ തന്നെ പക്ഷെ ഉപാസന ഇല്ല ഇല്ലെങ്കിൽ അവര് ഉത്തരായണ മാർഗത്തെ പ്രാപിക്കുന്നില്ല എന്ന് ശ്രുതി എന്ന് പറയുന്നു അതിന് വിരോധം വരും ഇവിടെ പറയുന്നത് ഉപാസന ചെയ്യുന്നവനും ചെയ്യാത്തവനും ഉത്തരാണ മാർഗത്തെ പ്രാപിക്കുന്നു ശ്രുതിക്ക് വിരോധം വരുന്ന ഇങ്ങനെ ഉപാസന ചെയ്യാത്തവൻ ആ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നില്ല എന്നെല്ലാം പറയുന്നു അപ്പൊ നെക്സ്റ്റ് ബ്രഹ്മചാരിക്ക് ഉപാസന കൂടാതെ ബ്രഹ്മലോകത്തെ പ്രാപിക്കാവുന്ന പറഞ്ഞത് ശരിയല്ലോ പറയുന്ന അതല്ല സിദ്ധാന്തം പറയുന്നു അമൃതത്വനുഭക്ഷിതത്വ തത്രി വിഭുക്തം പൗരാണിക ഇത് വായുപുരാണത്തിന് മറ്റു പറഞ്ഞാണ് പ്രളയത്തിൽ ഇതെല്ലാം ലയിക്കുന്ന സ്ഥാനം അതാണ് ബ്രഹ്മലോകം അമൃതത്വം എന്ന് പറയുന്നത് ഉപാസകന്മാരുടെ അമൃതത്വം എന്ന് പറയുന്നത് ബ്രഹ്മലോക പ്രാപ്തിയാണ് അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആത്യന്തികം അമൃതം തദ്പേക്ഷ തക്ഷിണായാന്തി നവിദ്യതോ നുനക്തിയതുമില്ല വിരോധ വാ പരമ മോക്ഷം ആത്യന്തിക അമൃതം അതിനപേക്ഷിച്ചാണ് പറയുന്നത് അവിടെ ഉപാസനില്ലാത്തവൻ എത്തിച്ചേരുന്നില്ല ഉപാസനില്ലാത്തവൻ അതിനനുഭവിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു അപ്പോൾ ഉപാസകൻ എത്തിച്ചേരുന്ന ഒരു സ്ഥലമുണ്ട് അത് ബ്രഹ്മലോകമാണ് അതല്ല ആത്യന്തികമായ മോക്ഷം അത് ഫാസന ഫലമല്ലെന്ന് പറയുന്നതാണ് അതൊരു ശ്രുതിയുമായിട്ട് വിരോധമില്ല അപ്പൊ എത്തിച്ചേരുന്ന എവിടെയാണെന്നുള്ളതാണ് ഇപ്പൊ പറയുന്നു ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു അതാണോ മോക്ഷം പറയുന്നു അതല്ല അന്ന് ഭാഷകാലം പറയുന്നു ഉത്തരായണ മാർഗത്തിലൂടെ സഞ്ചരിക്കണോ മോക്ഷത്തിന് വേണ്ട അതാ പറയുന്നു ദക്ഷിണായന മാർഗത്തിലൂടെ ചെന്ന് ചേരുന്ന സ്ഥലം പിതൃലോകമാണ് ഉത്തരായണ മാർഗത്തിലൂടെ ചെന്ന് ചേരുന്ന സ്ഥലം സത്യലോകമാണ് ബ്രഹ്മലോകമാണ് പിതൃലോകം മോക്ഷമല്ലാന്ന് പറഞ്ഞു ്രഹ്മലോകം മോക്ഷമാണോ അതുമല്ല പിന്നെ എന്തുകൊണ്ട് അതിന് അമൃതം എന്ന് പറഞ്ഞത് ആപേക്ഷികമായ അമൃതത്വം അവിടെ പ്രാപിക്കണമെങ്കിൽ ഉത്തരായണ മാർഗത്തിലൂടെ സഞ്ചരിക്കണമെന്നാവ പരമമായ മോക്ഷമാണെങ്കിലോ അവിടെ നിന്ന് തിരിച്ചു വരുന്നില്ല എന്നാച്ച പുനരാവർത്തംന്ത്മം മാനം ആവർത്തം ആവർത്തന്ത് ഇത്യാദി ശ്രുതി വിരോധിച്ച് ബ്രഹ്മലോകത്തെ പ്രാപിച്ചു അത് ആപേക്ഷികമായ മോഷം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ പൂർണ്ണമായ മോക്ഷത്തെ പ്രാപിക്കുന്നില്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞു കാരണം ബ്രഹ്മലോകത്തെ കുറിച്ചാണ് പറഞ്ഞത് നജ പുനരാർത്തന്തേ ഇമം മാനവം ആവർത്തനം ഈ മനുഷ്യലോകത്തിലേക്ക് അവൻ തിരിച്ചു വരുന്നില്ല ആവർത്തന്തി ശ്രുതി പറയുന്നുണ്ടല്ലോ പിന്നെ ബ്രഹ്മലോക പ്രാപ്തി ഇങ്ങനെ ആപേക്ഷിക മോക്ഷമെന്ന് പറയുന്നതാണ് ചോദ്യം ി വിശേഷണ ദേഷാ മിഹന പുനരാവർത്തിരസ്ഥിമം എന്ന ആവർത്തി എന്തെന്ന് പറഞ്ഞുകൊണ്ടെന്നാണ് അവർ ഇവിടേക്ക് തിരിച്ചു വരുന്നില്ലെന്നാണ് ഈ ലോകത്തിലേക്ക് അവർ തിരിച്ചു വരുന്നില്ല അവിടെ തന്നെ കഴിയും നടക്കും കൽപ്പാന്തം അവിടെ തന്നെ കഴിയും എന്നാണ് അതുകൊണ്ട് മോക്ഷം എന്ന് പറയാം സദ്യവും മുക്തി അല്ല പിന്നോടെ കഴിയേണ്ടി വരുന്നല്ലോ നൈവ നാവളത്തേരൻ ഇമം മാനവം വിശേഷണം ആവർത്തകർ തിരിച്ചു വരത്തില്ല അവർ നിത്യമുക്തരാണെങ്കിൽ പിന്നെ ഇവിടേക്ക് ഇമം മാനവം ആവർത്തകം ഈ മനുഷ്യലോകത്തിലേക്ക് വരില്ല എന്ന് എന്തിനു വീണ്ടും വരാം ഒന്ന് വരുന്നില്ലേ ഇഹ പ്രത്യേകം പറയുന്നു ഈ കല്പത്തിൽ അവർ തിരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നോണ്ട് മനസ്സിലാക്കാം അത് പൂർണമായ ഒരു മുക്തിയല്ല പറയുന്നു ചിലർ അവരുടെ ഉപാസനയ്ക്കനുസരിച്ച് ചിലര് തിരിച്ചു വരുന്നില്ല പക്ഷെ ചിലർ തിരിച്ചു വരും ചിലർ ഈ കൽപ്പത്തിൽ തന്നെ തിരിച്ചു വരും ചിലരങ്ങനെയല്ല അടുത്ത കൽപ്പത്തിൽ തിരിച്ചു വരും ഉപാസനയുടെ ഫലം വ്യത്യസ്തമാണ് ഏകമല്ല അനേകാന്തികമാണ് ഏകാന്തികമാണ് ജ്ഞാനഫലം ഏകാന്തികമാണ് അങ്ങനെന്താണ് അവിടെ മുക്തി മാത്രം പറ്റുന്നത് ജ്ഞാനം മുക്തി അവശ്യം നൽകുന്നു ഉപാസന അങ്ങനെയല്ല പലതരത്തിലാണ് ചിലർ ഉപാസകന്മാർ പോകുന്നു ബരുമല കൊത്തി കഴിയുന്നു അവിടെ നിന്ന് കുറച്ചു കാലം കഴിഞ്ഞ് തിരിച്ചു വരുന്നു ചിലരെ അങ്ങനെയല്ല അവിടെ കഴിയുന്നു പ്രളയം അവിടെ കഴിയുന്നു പ്രളയത്തിൽ കൽപ്പാന്ത്യത്തിൽ അവിടുത്തെ ഹിരണ്യഗർഭനോടൊപ്പം അവർ മുക്തിയെ പ്രാപിക്കുന്നു ചിലരെങ്ങനെയല്ല അടുത്ത കൽപ്പത്തിൽ വീണ്ടും വരുന്നു ഇതൊക്കെ സംഭവിക്കുക മോക്ഷത്തിനങ്ങനെയല്ല ഇമം ആകൃതി മാത്രം ഉച്ച തീ ഇമം മാനവം ഇഹ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് കേവല ശബ്ദം മാത്രമാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് വിപേക്ഷ ഒന്നുമില്ല അതിന്റെ താല്പര്യം എന്താണ് അവർക്ക് പിന്നീട് ജന്മമില്ല അവർ മുക്തരാണെന്നാണെങ്കിലും ഒന്നാം അനാവർത്തി ശബ്ദേ നൈവ് നിത്യ അനാവൃത്തി അർത്ഥ പ്രതീതത്വം ആകൃതി കൽപ്പന അനർത്തിക്കേ എന്ന് പറഞ്ഞിരിക്കുന്നു അവർ തിരിച്ചു വരുന്നില്ല നിത്യ അനാവൃത്തി അർത്ഥ പ്രതീത ആ അർത്ഥം കിട്ടുന്നത് കൊണ്ട് ആകൃതികൽപ്പന അനർത്ഥിക കേവലം ശബ്ദം മാത്രം പ്രയോഗിച്ചിരിക്കണർത്ഥമില്ലാന്നൊന്നും പറയുന്നത് ശരിയല്ല അത് ഇമവിഹേ വിശേഷണാർത്ഥവത്വായ അന്യത്രാവൃത്തി കല്പന അതുകൊണ്ട് ഇവിടെ വരുന്നില്ല എന്ന് പറയാൻ മറ്റെവിടെ പോകുന്നു എന്ന് കല്പിക്കേണ്ടി വരും അതുകൊണ്ട് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം എന്താണ് ആരായത് ശരി ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നത് അത് ആത്യന്തികമായി മോക്ഷമല്ല ശ്രേഷ്ഠമാണ് ഈ ഭൂമിയിലെ ജീവിതത്തെ അപേക്ഷിത ശ്രേഷ്ഠമാണ് പക്ഷെ അത് ആത്യന്തികമായ മോക്ഷം അല്ലെന്താ മോക്ഷം പ്രത്യേകത മൂർധന്യ നാട്ടിയ അർച്ചിരാദിമാർഗേണ ഗമനം അതാണ് മുഖ്യമായ കാര്യം നമ്മളൊരാള് മഹാത്മാവെന്ന് പറയുന്നതന്നെ എന്തുകൊണ്ടാണ് മരണസമയത്ത് എഴുന്നേറ്റിരുന്നു കൈയും കാലുമൊക്കെ പൂട്ടി മൂർധന്യ നാടിയിലൂടെ അവരുടെ പ്രാണൻ പോയി പലരും പരിശ്രമിക്കുന്നവന് വേണ്ടിയിട്ടാണ് കിടന്ന് കട്ടിലേ കിടന്ന് വലിച്ചു മരിക്കാൻ പാടില്ല പത്മാസനത്തിരുന്നു കൊണ്ട് അതിനെന്ത് ചെയ്യണം അഭ്യാസം ചെയ്യണം എന്തഭ്യാസം ചെയ്യണം സമാധി സ്ഥിതിക്കണം ആ സമാധിയുടെ ഫലം കൊണ്ട് അവസാന സമയം പ്രാണൻ നേരെ മൂർധാവിച്ചെല്ലും അവിടെ ഒരു ഹോൾഡിട്ട് അതുവഴി പുറത്തു പോവും ഒരു ദ്വാരമുണ്ടാ അതാണ് ശരിയായ മോശമെന്നാണ് പറയുന്നത് അത് മോശം അല്ലെന്ന് പറയുന്നില്ല പക്ഷെ അത് ശരിയായ അതിനുവേണ്ടി പരിശ്രമിക്കരുതെന്ന് പറഞ്ഞില്ല ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പരിശ്രമിക്കാം നോക്കാം അവന് ശരിയായ മോർവ് എന്താ സദേഗമേ വാധുരീയം പ്രത്യേകതയും സർവമിതി എന്നുള്ള ജാനുള്ളവന് മൂർധന്യ നാട്ടിയ അർച്ചരാഗമാർഗീണ ഗമനം അവന് ഈ മൂർദ്ധാവിന്റെ നാടിയിലൂടെ പോയി അർച്ചരാതി മാർഗത്തോടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല അവന് മരിക്കാ സമയത്ത് ചാടി എഴുന്നേറ്റ് പത്മാസനത്തിരിക്കേണ്ട കാര്യമില്ല എന്നിട്ടിരിക്കാൻ പറ്റുമോ സംശയമുള്ള കാര്യമാണ് പറ്റുമായിരിക്കും അഭ്യാസം ചെയ്തു കഴിഞ്ഞാൽ പറ്റും അതിന്റെ ആവശ്യമില്ല ചെയ്യുന്നത് പറയുന്നത് ഒരാള് ജീവിതകാലം മുഴുവൻ അങ്ങനെയുള്ള ഉപാസന ചെയ്തിട്ട് അവസാനം ചാടി എഴുന്നേറ്റിരിക്കുമെങ്കിൽ അതൊരു വല്യ കാര്യം തന്നെയാണ് നമ്മളെ കൊണ്ടൊന്നും പറ്റുന്ന കാര്യ ചെയ്യുന്ന വലിയ കാര്യം തന്നെയാണ് പക്ഷേ നമ്മുടെ പറയുന്നു അതല്ല മോക്ഷം അങ്ങനെ ചെയ്താലും ബ്രഹ്മലോകത്തിലെ എത്തിച്ചേരും അവിടുന്ന് പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ളത് ശേഷം സ്ക്രീനിൽ ഇപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോ അവിടെ തന്നെ കഴിയും ചിലപ്പോ തിരിച്ചു വരും ചിലപ്പോൾ അടുത്ത കല്പത്തിന് വരും പലതും സംഭവിക്കും നജ സതൈകമേവായും മിത്യവും പ്രത്യേകത മൂർധന്യ നാട്ടിയ അർച്ചിരാതിമാർഗീണ ഗമനം അവർക്കങ്ങനെ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല ഇതാണ് അദ്വൈതം അതുകൊണ്ട് മരിക്കാൻ പോകുന്ന സമയത്ത് അവര് ചാടി എഴുന്നേക്കാൻ ശ്രമിക്കരുത് അവിടെ ശ്വാസം പിടിക്കാൻ ശ്രമിക്കരുത് സാധാരണഗതി അതിന്റെ ആവശ്യമില്ല എന്തുകൊണ്ട് സതീകമേവോ അതിഥിയും നിത്യവും പ്രത്യേകത അങ്ങനെ ഒരു ബോധമുണ്ടെങ്കിൽ പ്രത്യേകം ബോധം സതീകമേവോ അതിഥിയോ എന്നുള്ള ബോധമുണ്ടെങ്കിൽ അജ്ഞാനസംശയ വിപരിരഹിതമായ ഒരു ബോധമുണ്ടെങ്കിൽ എവിടെ കിടന്ന് മരിച്ചാലും എങ്ങനെ മരിച്ചാൽ അയാൾ മുഖം തന്നെയാണ് മരിച്ചില്ലെങ്കിലും മുഖം തന്നെ മരിച്ചാലും മുഖം തന്നെ ബ്രഹ്മസൻ ബ്രഹ്മപ്യ അവൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്ന പറയുന്ന എന്താണോ അവൻ ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മവസൻ ബ്രഹ്മപ്യരി സാധാരണ പറയുന്നത് എന്താണോ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു എന്നാണ് പ്രാപിക്കാമെന്ന് വെച്ചാൽ ഒരു ഗമനം ഉണ്ട് ഇവിടുന്ന് യാത്രയുണ്ട് ആ മാർഗത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഉത്തരായണ മാർഗം ഇതങ്ങനെയല്ല ബ്രഹ്മ പ്രീതി ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മീവസൻ ബ്രഹ്മമായിട്ട് തന്നെ തസ്മാർവഭവാദ് അതുകൊണ്ടെന്താണ് അവൻ സർവവുമായി തീർന്നു സർവാത്മകനായി എന്നർത്ഥം തസ്സ്യ പ്രാണ ഉക്രമന്തി അവന്റെ പ്രാണൻ ഉക്രമണം സംഭവിക്കുന്നില്ല മൂർധന്യ നാടിയിലൂടെ ഒരു വഴിയുണ്ടാക്കി അതുവഴി പോകുന്നില്ല എന്നർത്ഥം അവന്റെ ആവശ്യമില്ല ഇത് ബ്രദാറിനീശ്രു വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അവന്റെ പ്രാണൻ ഉത്രി ഈ പറയുന്നാണന്റെ ഉത്രിമോ ഉപാസനയുടെ ഫലമാണ് പറയുന്നത് ഉപാസനയുടെ ഫലത്തെ തത്വജ്ഞാനത്തിന്റെ ഫലമായി തെറ്റിദ്ധരിക്കരുത് ഉപാസനയുടെ ഫലമല്ല തത്വജ്ഞാനത്തിന്റെ ഫലം ഉപാസനയുടെ ഫലമാണ് പ്രാണന്റെ ഗമനം തത്വജ്ഞാനത്തെ അപേക്ഷിച്ചത് അധമമാണോ അവിടെ വീണ്ടും ഗമനം വരുന്നു ജീവന് പിന്നെ അത്രയൊക്കെ വലിയതേ അതിലവിടെ തന്നെ അവസാനിക്കുന്നു എങ്ങനെയാണോ സ്ഥൂലമായിരിക്കുന്ന ശരീരം ഇല്ലാതാകുന്നു ഭസ്മമായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതികമായ പരിണാമം സംഭവിച്ചു പുഴുക്കെടുന്നോ ഏതെങ്കിലും തരുതൽ എന്ത് ചെയ്യുന്നു അങ്ങനെ പരിണാമം സംഭവിക്കുന്നു അത്രയേ ഉള്ളൂ ആ പരിണാമം ഇങ്ങനെ വിലയെ സംഭവിക്കുന്നു എവിടെ നിന്നാണ് ഉണ്ടായത് അതിലേക്ക് ഇതെല്ലാം പോകുന്നു പല ഭൂതങ്ങളിലേക്ക് പോകുന്നു ഇതെല്ലാം അതുപോലെ സൂക്ഷ്മമായ പ്രാണനും മനസ്സുമെല്ലാം അതിന്റെ കാരണങ്ങളിലേക്ക് വിലയും പ്രാപിക്കുന്നു വീണ്ടും അതുകൂടെ നിന്ന് പോകാനൊന്നും ശ്രമിക്കുന്നില്ല ഇത്യാദിശ്രുതി ശ്രദേഭ്യ ഭാഷ്യകാലം പറയുന്നു ഈ കാര്യം പറയാൻ നൂറുകണക്കിന് ശ്രുതിയുണ്ട് എന്നാലും ജനങ്ങളത് മനസ്സിലാക്കത്തില്ല അവര് ഈ എഴുതിയ ഭാഷകാരനെ കുറിച്ചും പറയുന്ന എന്താണോ അവസാനം ഉച്ചി കൂടി ദൂരം ഉണ്ടാക്കി പോയെന്ന് അതല്ല മോക്ഷം എന്ന് പറഞ്ഞെ കുറിച്ചും അത് തന്നെ പറയുന്നു അതിന്റെ ആവശ്യമില്ല എന്ന ബ്രഹ്മി വസ്വൻ ബ്രഹ്മൻ ബ്രഹ്മൻ തന്നെ അത് തന്നെ ബ്രഹ്മപ്രാപ്തി അല്ലാതെ ബ്രഹ്മപ്രാപ്തി എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചൊന്നും അതെങ്ങനെ സതേകമേ വാദ്ധ്യം ഇത്യവും പ്രത്യേകത സതേകമേ വാധ്യതയും ആ ബോധം അത് വാസുദേവ സർവം വിധി മഹാത്മാർഭ അങ്ങനെയുള്ള ഒരു ദുർലഭമാണ് ഇനി ഏതെങ്കിലും ഒരു മഹാത്മാവ് അങ്ങനെ സദ്യോമുക്തി പ്രാപിച്ചാലും ശിഷ്യന്മാർക്ക് സമാധാനം വരത്തില്ല അവർ കഥകൾ എഴുതി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അവസാന സമയമായപ്പോൾ ചാടി മുർധാവിനൂടെ പ്രാണം പോകുന്നതിന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന് പറഞ്ഞുണ്ടാകും ആരെയും വെറുതെ അത് ശിഷ്യന്മാർ ഭക്തന്മാരുടെ പണി പരമാർത്ഥം അതല്ല ഒരാൾ തത്വജ്ഞാനിയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല മൂർധാവിൽ പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല അതിന് കഥകളുണ്ടാക്കേണ്ട കാര്യമില്ല ആ ശരീരനാശ സംഭവിക്കുന്നതുപോലെ പ്രാണനും മറ്റുമല്ല അതാത് കാരണങ്ങളിലേക്ക് വിലയിക്കുന്നു പിന്നീട് ജന്മം ഉണ്ടാകുന്നില്ല ജന്മം ഉണ്ടാകുന്നതിനുള്ള നിമിത്തങ്ങളെയൊന്നും ഇതൊന്നും ശേഷിപ്പിക്കുന്നില്ല അതാണ് മുക്തി അത്രയും വസ്മിയന്ദേ അപ്പോ മോക്ഷത്തിന്റെ രണ്ട് തരത്തിലുള്ള മോക്ഷത്തെക്കുറിച്ചും പറഞ്ഞു ഒന്ന് ബ്രഹ്മലോകത്തെ പ്രാപിക്കും അത് ഉപാസനയുള്ള ഗൃഹസ്ഥൻ ആശ്രമധർമ്മത്തെ മാത്രം അനുഷ്ഠിക്കുന്ന ആശ്രമികൾ ബ്രഹ്മചാരി കാനപ്രസൻ പിന്നെ സകുണ ഉപാസകനായ രണ്യഗർഭ ഉപാസകനായിരിക്കുന്ന മറ്റ് പരിപ്രാചകനോ മറ്റോ ഭാഷകാലം പറയുന്നുണ്ട് ും മറ്റും പറഞ്ഞെന്താണോ തത്വ ജ്ഞാനം പരിഭ്രജനം ജ്ഞാനിയാണ് പരിപ്രചനത്തെ സ്വീകരിക്കുന്നത് ഞാനി കർമ്മത്തെ ഭീഷിക്കുന്നു പരിഭ്രജനം സ്വീകരിക്കുന്നു അപ്പൊ അത് കേൾക്കുമ്പോൾ നമ്മുടെ മാത്രമേ പരിഭ്രജനത്തിന് അവകാശമുള്ളൂ അല്ലാത്തവനും പരിഭ്രചനം പാടില്ല ൂടെ വ്യക്തമാക്കുന്നത് എന്താണോ ഞാനിക്ക് മാത്രമല്ല പരിപൂർജനം ഉപാസകനുമാകാം ഉപാസകനും ഉപാസനക്ക് വേണ്ടി അയാൾ പരിവർജനം സ്വീകരിക്കുന്നത് പക്ഷെ അവന്റെ ഫലം എന്താണോ ഉപാസനയുടെ ഫലമായിരിക്കും സദ്യോമുക്തി അല്ല ക്രമമുക്തി അദ്വൈതത്തിന്റെ പ്രധാനമായ ഭാഗം അതുകൊണ്ടാണ് വിവിധ സന്യാസം അങ്ങനെ ഒരു സന്യാസം കൂടെ വന്നത് ഒരാൾക്ക് തത്വജ്ഞാനത്തിനുള്ള യോഗ്യതയൊന്നുമില്ല മനസ്സൊന്നും വന്നത് ശരിയാകുന്നില്ല അയാൾക്ക് പറ്റിയെന്നാണ് ഒരു വാക്നജീ ഒരു അനുഷ്ഠാനം ഒരു വാസം അതുമാത്രമേ പറ്റുന്നുള്ളൂ അവർക്ക് സന്യാസം അല്ല ജ്ഞാനം ഉണ്ടായതിന് സന്യാസം ഉണ്ടാകാൻ പാടുള്ളൂ എന്നൊന്നുമില്ല അവിടെ സന്യാസം എന്ന് പറഞ്ഞ എന്താണ് ഒരു ആശ്രമധർമ്മത്തെ സ്വീകരിക്കാതെ രണ്ടു തരത്തിലുള്ള സന്യാസി ഒന്നെന്താണ് ആ തത്വജ്ഞാനം തന്നെ സന്യാസം രണ്ടാമതൊരു സന്യാസിയുണ്ട് ആ തത്വജ്ഞാനം തന്നെ സന്യാസി ആയിക്കഴിഞ്ഞാൽ പിന്നെ അയാളെ പറയും എന്താണ് അത്യാശ്രമം അയാൾ നമുക്ക് സന്യാസി എന്നൊന്നും പറയാൻ പറ്റില്ല ആശ്രമ ധർമ്മം അത് ഉപാസനയ്ക്ക് വേണ്ടിയോ തത്വജ്ഞാന പ്രാപ്തിക്കോക്ക് വേണ്ടിയും ആശ്രമധർമ്മത്തെ സന്യാസിയെ പറയുന്നതാണ് ഇവിടെ പരിപ്രാചകൻ എന്ന് പറഞ്ഞത് അപ്പൊ പരിപ്രാചകൻ രണ്ട് കൂട്ടരുണ്ട് ഒരു കൂട്ടർ സന്യാസി പരിപ്രാജകരും ഒരു കൂട്ടർ ഉപാസകന്മാരും ഒരു കൂട്ടർ തത്വജ്ഞാനിക ഒരു പരിപുരാജക പരിപ്രാചക വൃത്തിക്കും ഒരാൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ തത്വജ്ഞാനത്തിനുള്ള യോഗ്യത ഇല്ലായാലും പരിഭ്രജനം സന്യാസം സ്വീകരിക്കുന്നതിന് യാതൊരു ദോഷവും നേതൃത്തിട്ടും തത്വാനില്ലെങ്കിലും അതാകാം എന്തുകൊണ്ട് പക്ഷെ അയാൾ ഉപാസന സ്വീകരിക്കും അത്തരക്കാരെ കുറിച്ച് ഇവിടെ നല്ല തസ്മിത്രമിശോമി സഹൈവ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞ് വേറെ തരത്തി വ്യാഖ്യാനിക്കുന്നു എന്നാത് ആശയക്കുഴപ്പത്തെ ഉണ്ടാകുന്നു പ്രാണന് ഉത്രിമിക്കാതെ ജീവൻ ഉത്ക്രമിക്കാതെ ഇങ്ങനെ മോശം സംഭവിക്കുന്നു അത്ര ദിവസം അവലിയന്ത എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവും പിന്നെന്താ സംഭവിക്കുന്നത് ഇയാളിനെ വെറുതെ മരിച്ചുപോവുകയാണ് പിന്നെ ഒന്നു ശേഷിക്കുന്നില്ല എന്തെങ്കിലും ശേഷിക്കണമല്ലോ അങ്ങനെ സംശയങ്ങളുണ്ടാവും അവിടെ പറയുന്നെന്താണ് ശേഷിക്കുന്നുണ്ട് ആത്മാവ് ശേഷിക്കുന്നുണ്ട് മറ്റൊന്ന് ശേഷിക്കുന്നുണ്ട് ബാക്കിയെല്ലാം അത്രയുവാ ഈ ആത്മാവിൽ തന്നെ വിലയിക്കുന്നു പക്ഷെ അത് ആ സദ്യവും മുക്തി എന്ന് പറയുന്നതാണ് സദ്യ തത്വജ്ഞാനപ്രാപ്തിയിൽ തന്നെ ഈ ജന്മത്തിൽ തന്നെ മുക്തനാകുന്നു പക്ഷെ വികിക്കാൻ കുറിച്ച് പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് വീണ്ടും ഉള്ള ചോദ്യം ചോദിക്കും